പറയുക വേദക്കാരെ നിങ്ങളുടെ മതത്തിൽ സത്യത്തിനു വിരുദ്ധമായി അതിരുകടക്കരുത് മുൻപ് വഴിതെറ്റുകയും പലരെയും വഴിതെറ്റിക്കുകയും നേർവഴിയിൽ നിന്ന് അകന്നുപോവുകയും ചെയ്ത ഒരു ജനതയുടെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരരുത്